was Sarban Jehovah Yehovah Nagara അഭ്യന്താശയമാണ് ആരോഗ്യ നിപാതായ ഒരു സംഭ്രമിത് ഇതുകൊണ്ടും ബാല്യജികിത്സ അതുപോലെ തന്നെ ഒന്നാണ് യോഗന ജിപിത്സാ കുറയും ഗർഹ നിന്ദുപ്സറുപ്പ് എന്നൊക്കെയുള്ള അവർ പഴയ ചിന്താഗതി കാലഘട്ടപ്പെട്ടവർ ചിന്താഗതി എന്തതിനെ കുറിച്ച് പറയാൻ യൗവനത്തെ ബന്ധിക്കേണ്ട കാര്യങ്ങളില്ല അത് ബാല്യത്തെ നന്ദിക്കുന്ന പോലെ അസംബന്ധമായ ഒരു കാര്യങ്ങളാണ് അതിനെ നിർക്കേണ്ട കാര്യമില്ല അഞ്ചു ദിവസം പറഞ്ഞാണ് യൗവനത്തിലെ ഒരു മനുഷ്യബന്ധത്തിൽ ദുഷ്പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവരും ബന്ധിക്കണം അല്ലാതെ യൗവനം എന്ന് പറയുന്ന ഒരു ജീവിതാവസ്ഥ സ്വാഭാവികമായും വന്നുചേരുന്നതാണ് അതിന്റെ പാടേം നിഷേധിക്കുക എന്തിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഭാല്യാനർത്ഥം ഭാല്യാനർത്ഥമാണ് അത് ഉപേക്ഷിച്ചിട്ട് ആരും ഉപേക്ഷിക്കുന്നൊന്നുമില്ല അതൊന്ന് കടന്നുപോവുകയാണ് ആരാ ഭാല്യത്തെ ഉപേക്ഷിക്കുക അത് ഒരവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് പോകുന്നു അപ്പൊ മാന അഭിഹത ആശയമില്ല അഭിഹതമായ ആശയം വെച്ചാൽ മനസ്സ് അഭിഹതൽ നശിച്ച മനസ്സോടുകൂടിയവൻ നശിച്ച മനസ്സാവൂടിയ പോലെ മനുഷ്യനുണ്ടെങ്കിലും കൊണ്ട് നേടാൻ കഴിയുന്ന യൗവനത്തിനോടൊപ്പം മനസ്സ് നശിച്ചത് എന്ന് പറയാൻ പറ്റും ആരോഹതി യൗവനം സംഭ്രമുക്കത്തിൽ നിപാതായ നശിക്കുന്നതിന് വേണ്ടി യൗവനമാണ് യൗവന ചെറിയ പ്രവേശിക്കുന്നു ആ യൗവനം നശിച്ചു ശരിയാണ് യൗവനത്തിന്റെ പ്രശ്നമല്ല അത് എന്താണോ നമ്മുടെ ശരീരത്തിന്റെ ഘടനകളൊക്കെ ഭാഗ്യം നശിക്കുന്നു യൗവനം നശിക്കുന്നു വാർത്തകൾ നശിക്കുന്നു നിന്ദിക്കാനും നിഷേധിക്കാനും ഈ പറയുന്ന ഒന്നുമില്ല പിന്നെ പഴയ വെച്ചുണ്ടാകുമതി എന്ന് വാങ്ങുന്നി ആത്മീയമായി നോക്കിയാൽ ഒന്നും പറയാനില്ല കാരണം ആത്മീയമായി ഉണ്ടെങ്കിലും ഒരാൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യപോലും പിന്നെ ആത്മീയമായ ഒരു യോഗത്തെ നിഷേധിക്കാൻ പറ്റും പിന്നെ വഴിപഴച്ച് പോകാൻ സാധ്യത ഉണ്ടല്ലോ എന്നാണ് അത് ശരിയാണ് അതുകൊണ്ടാണ് എൻ്റെ വിശ്വാസങ്ങളെല്ലാം വിഹിതം നിഷിദ്ധം എന്ന് രണ്ട് കാര്യങ്ങൾ പറയും വിഹിതം എന്ന് വെച്ചാൽ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നിഷിദ്ധം എന്ന് വെച്ചാൽ നിഷേധിച്ച കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക അപ്പോൾ നീ അനുവദിച്ച കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാനൊന്നും വേണം അവിടെ നിഷേധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചുരുക്കത്തിന് എന്താണോ യൗവനത്തിൽ മനുഷ്യൻ്റെ ഒരു ഡിസിപ്ലിൻ വേണം എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം ബാല്യത്തിൽ സ്വബോധത്തോടു കൂടി ആ ഒരു പ്രയാസം ആരെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ അല്ലാതെ സ്വബോധമില്ലല്ലോ യൗവനത്തിന് അതിനുവബോധത്തോടു കൂടി വേണം ആ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വേണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാണ് അതിന്റെ യൗവനത്തെ നിഷേധിക്കുന്നതിന് അസംബന്ധമാണ് അതുകൊണ്ട് ഈ പ്രകടനത്തിന്റെ അസംബന്ധമെന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോകുക എന്റെ അഭിപ്രായമാണ് ഈ പ്രസ്തകത്തിൽ അങ്ങനെ സ്ത്രീജികുത്സ ഞാൻ പദങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു അതും ഒരു തരത്തിലും എന്താണ് ഒരു ശരി കണ്ടെത്താൻ പ്രയാസമുള്ള സ്ത്രീലിത്തോ അത് അങ്ങനെ എഴുതാൻ തന്നെ കാരണമെന്നാണ് പുരുഷാധിപത്യം യും ചിന്തിക്കാൻ പറ്റും അല്ലെങ്കിൽ പുരുഷന്റെയും മരണമുണ്ടാകും അപ്പൊ അസംബന്ധമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമേലും ഇതിന്റെ എങ്ങനെയായി പുസ്തകം തുടങ്ങിയത് ഇങ്ങനെയുള്ള അസംബന്ധങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് വായിച്ചാലേ പറഞ്ഞാൽ അറിയാൻ പറ്റിയതൊക്കെ അസംബന്ധമാണോ അതുകൊണ്ടാണ് ഈ പുസ്തകം എടുത്തത് യന്ത്രപഞ്ചലേ ഗ്രന്ഥിശാലിനിവശോഭനം മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു പഞ്ചാലികയാണ് ഈ പഞ്ചാലികന്ന് പറഞ്ഞാൽ ശരിക്കും വയലുകളിലൊക്കെ പക്ഷികൾ ഓടിക്കാൻ വേണ്ടി രൂപം ഉണ്ടാക്കി വെക്കുന്നുണ്ടോ ആ അതുകൊണ്ട് പഞ്ചാലിക പ്രതിമയെന്നും പറയാം അതൊരു പ്രതിമയാണ് അപ്പൊ മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു വികൃതമായ രൂപമാണ് യന്ത്രം പോലെ യന്ത്രം പോലെ ചഞ്ചരമായിരിക്കുന്നത് യന്ത്രം എന്ന് പറയുന്നത് പഴയകാലത്ത് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം യന്ത്രം എന്ന് പറയും അതുപോലെ ചഞ്ചലമായിരുന്നു അംഗപഞ്ചനം അംഗമാകുന്ന ഒരു അംഗങ്ങളുടെ ഒരു പഞ്ചനം കൂട് പക്ഷികളെയും മറ്റും അടയ്ക്കുന്ന കൂടിനെയാണ് പഞ്ചനവും കൂടെ സ്നാനിരീ സാധിക്കും ും കൃത്തോണ്ടും ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് സ്ത്രീ സ്ത്രീയുമോനും സ്ത്രീ എങ്ങനെയാണ് ശോഭനമാണ് ഇതിനെന്തെങ്കിലും മഹത്തായ കാര്യം പറയുന്നുണ്ടോ ഉണ്ടോ എന്തുകൊണ്ടും സ്ത്രീ എങ്ങനെയാണ് ശോഭനമാണ് അവിടെ ഇങ്ങനെ എഴുതിയവരുടെ എന്താണ് പുരുഷാഹാത്തിയോ ശോഭനം എന്ന് നമുക്ക് ഒരോടൊത്തം കാണാൻ പറ്റില്ല സ്ത്രീയാഹാന്നൂടെ എന്ന് വേണം എന്തുകൊണ്ട് പുരുഷന്മാര് എന്തുകൊണ്ട് ശോഭനമല്ല എന്തുകൊണ്ട് എഴുതുന്നതാണ് പുരുഷന്മാര് അന്ന് എഴുതാറുള്ളൂ സ്ത്രീകൾ എഴുതാറില്ല സ്ത്രീകൾക്ക് എഴുത്തും മാറ്റി വളരെ കഷ്ടിയാണ് അപൂർവ്വം സ്ത്രീകള് ആ സ്ത്രീകള് സന്യാസം ആയിട്ട് അതിനെ കാണുന്ന കാരണം എന്താണ് ഈ പുരുഷന്റെ ആധിപത്യം എല്ലാ രംഗത്തും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്താണ് മനസ്സുകള് സ്ത്രീയെ കുറിച്ച് പറയുന്നത് സ്ത്രീയുടെ മേന്മയെ കുറിച്ച് പറയുന്നത് സ്ത്രീയുടെ വിശേഷതയെ കുറിച്ച് പറയുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗ്രഹഭരണത്തിൽ സമൃദ്ധിയായിരിക്കുന്നവീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത് അതായത് സ്ത്രീയുടെ യോഗ്യതയായി പറയുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണിതൊക്കെ സ്ത്രീ വീട് ഭരിക്കുന്നതിനുള്ളതാണ് എന്നുവെച്ചാൽ നാട് ഭരിക്കുന്നതിനോ ഒന്നും സ്ത്രീയും പറ്റിയ ആളല്ല അതിന് അപവാദങ്ങളുണ്ടായിട്ടുള്ളത് അപൂർവം അതിനെ സാമാന്യവൽക്കരിക്കാൻ പറ്റത്തിൽ അപൂർവചിത സ്ത്രീകളെ പുറത്തേക്കപ്പെടുന്നത് നമ്മുടെ ചരിത്രത്തിൽ അതൊക്കെ അപവാദങ്ങളാണ് പൊതുവെയുള്ള അന്നത്തെ കാഴ്ചപ്പാട് അതാണ് പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ഫെമിനിസം പോലെയുള്ള ആശയങ്ങളാണ് പറയുന്നത് അത് ശരിക്കും പുരുഷന്മാരെ തന്നെ ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരുന്നു കാരണം അത്തരം ചിന്തിക്കുന്നവരുപോലെ സ്ത്രീ സ്വാതന്ത്ര്യമില്ല എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമേ ആണ് ഓ ആ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിനോട് എടുത്തു വരുന്നത് എങ്ങനെയുള്ള സ്ത്രീ രസമത്വം ആ സമത്വത്തെ ആവശ്യപ്പെടുത്തണമെന്നാണ് ഇപ്പം എനിക്ക് സ്ത്രീകൾക്ക് വന്നു ശരിക്കാതെ കുറിച്ച് പോകുന്നത് പത്തിരുന്നൂറ് വർഷമായി ഇതിനൊരാശയം വന്ന് അത്രേയുള്ളൂ അതായത് സാമൂഹികമായി രാഷ്ട്രീയപരമായി വിദ്യാഭ്യാസപരമായി തൊഴിൽപരമായി മറിച്ച് ഒരു വ്യക്തി എന്നുള്ളതാണെങ്കിൽ സ്ത്രീക്കും പുരുഷനോട് തുല്യത കൊണ്ട് എന്ന് പറയുന്ന ഒരു വാദം എല്ലാ രംഗങ്ങളിലും പുരുഷന് തുല്യമാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു വാദം മുമ്പോട്ട് വെച്ച് അതിനെടുത്തു പറയും അത് യൂറോപ്പിലാണ് ഈ ആശയ ഒക്കെ അല്ലാതെ ഇവിടെ വെച്ചത് അപ്പോ അതിനനുസരിച്ച് എന്താണത് വിമോചനത്തിന്റെ പാതയിലാണ് സ്ത്രീകളെന്നാണ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി ഒരു വലിയ ആശയമാണ് അത് അതിനുശേഷം ഉണ്ടായിരുന്ന ഒരാശയമാണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾ ഒരുപാട് കാലം ഇവിടെ അടിച്ചമർത്തിയിട്ടുണ്ട് എല്ലായിടത്തും സനാതനധർമ്മത്തിൽ പ്രത്യേകിച്ച് ഭാഷ സംസ്കാരത്തിലൊക്കെ സ്ത്രീകൾ ഒരുപാട് അടിച്ചമർത്തിയിട്ടുള്ള എല്ലാ ലോകത്തെല്ലാർക്കും പോലെയും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഏറ്റവും വലിയ പങ്കുവഹിച്ചവരാണ് സ്ത്രീകളെ അടിച്ചമർത്തി ഏറ്റവും വലിയ പങ്കുവഹിച്ച മതങ്ങളാണ് മതങ്ങളെല്ലാം സ്ത്രീകളെ ഇന്ന് ലോകത്തിലെ പ്രബലമായ മതങ്ങളിൽ ഒന്നും സ്ത്രീകൾക്കൊക്കെ ഓരോ ഹിത്തും അംഗീകരിക്കുന്നില്ല അപൂർവിച്ച മാറ്റങ്ങളും ഓരോ ഹിത്തി എന്നും കൃഷ്ണന്റെ കുത്തക സ്ത്രീക്ക് അതിനുള്ള അവകാശം പറയുന്നു ഇവിടെ എല്ലാരോഗ്യാൾ വരികയാണെങ്കിൽ സനാതനധർമ്മത്തിൽ ഇവിടുത്തെ വൈദിക കർമാനുഷ്ഠാനത്തിനും സ്ത്രീകൾക്ക് വളരെ ചെറിയൊരു പങ്കയോ യാഗവും മറ്റും ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇന്നത്തെ എന്താണോ പുതിയ സംസ്കാരവാദികൾ കൂടി അങ്ങനെ സ്ത്രീക്കും പങ്കുണ്ടായ സഹധർമ്മിണിയാണ് ഒക്ക ആണ് ഓണാണെന്ന് ഇന്നത്തെ ആൾക്കാരെ പറ്റിക്കും ആൾക്കാർക്കൊക്കെ ഇങ്ങനൊന്നും എന്താണ് ഒരു ബോധവില്ലല്ലോ അതുകൊണ്ട് ഇവരൊക്കെ പറ്റിക്കാൻ വേണ്ടി എളുപ്പമാണ് അവര് പഠിപ്പിച്ച വിടുന്ന സെന്ററുകളുണ്ട് പഴയകാലത്ത് സ്ത്രീകൾ യാഗത്തിൽ അങ്ങനെയായിരിക്കും ധർമ്മത്തിന്റെ അവർക്കുണ്ട് അതുകൊണ്ട് യാഗത്തിൽ സ്ത്രീയുടെ പങ്കെന്താണെന്നറിയാമോ അറിയാം നമ്മുടെ യജമാനുണ്ട് ഋത്തിക്കുകളുണ്ട് ഇവരൊക്കെ ഉണ്ട് അതിന് സ്ത്രീയുടെ പങ്കെന്തെന്നറിയാം നെയ് ഉറുമ്പുണ്ടോന്ന് നെയ്യുണ്ട് നെയ് അതായത് ഉറുമ്പുണ്ടോ എന്ന് നോക്കുകയാണ് അവിടെ ശരിക്കും ഇത് വച്ചിട്ടാണ് പറയുന്നത് പുരുഷന്റെ ധർമ്മത്തിന്റെ പകുതി സ്ത്രീക്ക് അവകാശമൊക്കെ അപ്പോ അടുക്കളയിലേക്ക് സ്ത്രീകളുടെ ജോലി ഉറുമ്പുണ്ടോന്ന് നോക്കുകയാണ് ഭക്ഷണത്തിലൊക്കെ അല്ലാതെ സ്ത്രീകൾക്കൊന്നും യാതൊരു മാന്യതയും കഴിപ്പിച്ചിരുന്നില്ല എന്തുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഭോഗ ഉപകരണമാണ് എന്നുള്ളതാണ് പഴയ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുന്നുകൊണ്ടാണ് ഇത് സ്ത്രീ എന്നുണ്ടെങ്കിൽ സ്ത്രീ ശരീരത്തെ അപമാനിക്കുന്നു ഇതും സ്ത്രീ ശരീരത്തെ അപമാനിക്കുന്ന എഴുത്തുകളല്ല സ്ത്രീകളെ സ്ത്രീകളവിടെ ബോധം വരാൻ എന്തുകൊണ്ട് ബോധം വരുന്നില്ല അവരുടെ കുറ്റമല്ല എന്താ സംഭവിച്ചത് ഏ വാഷ് ചെയ്ത് സ്ത്രീകൾക്ക് സംഭവിച്ചതാണ് അവരെ പൂർണ്ണമായും അവരുടെ അതിന്റെ മാറി വരുക എന്ന് പറയുന്നത് ഇന്നും കുറച്ച് കാലം പഠിക്കും വിമോചനത്തിന്റെ വാദം സ്ത്രീകൾ സഞ്ചരിക്കണം എന്നു പറയുന്നത് ഇനിയും കാലം പഠിക്കും അതുകൊണ്ട് ഇത് ആ ഭോഗോപകരണം എന്നുള്ള ഒരു ഒറ്റ കാഴ്ചപ്പാട് എന്നതുകൊണ്ടാണ് എഴുതുന്നത് അത് മാത്രമല്ല എന്ന് മറ്റൊരു കാര്യം കൂടി എഴുതും ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ബ്രഹ്മചരീരത്തിന്റെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ ശരിയല്ലേ ഒന്നും ശരിയല്ല ഏത് കാഴ്ചപ്പാടി നോക്കിയാലും ശരി ഒരു ശരീരത്തെ എന്തിനു പറയുന്നത് ശവശരീരത്തെ പോലും അപമാനിക്കാൻ പാടുന്നു നിന്ദിക്കാൻ പാടുന്നു ശവശരീരത്തെ നിന്ദിക്കുന്നത് വലിയ കുറ്റമാണ് അതിനെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് ജീവനില്ലാത്ത ശരീരം അപ്പൊ ജീവനുള്ള ശരീരങ്ങളെന്തെന്ത് ചെയ്യാവുന്ന ഇന്ന് ക്രിമിനൽ കുറ്റമാണ് അപ്പൊ ഇത് പഴയകാലത്ത് ഇങ്ങനെ എഴുതുന്നതിനുള്ള ഒരു പ്രേരണ എങ്ങനെ ഉണ്ടാകും എന്ന് ഇത് എഴുതുന്ന ഈ ഗാർഹസ്യത്തിൽ നിന്ന് സന്യാസം തന്നെ ആൾക്കാർ ഇത് എന്റെ ഒരു നിഗമനമാണ് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായി അത് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർക്കൊന്നും മനസ്സിലാകത്തില്ല എന്റെ ഒരു ഊഹമാണ് ഈ ഗാർഹസ്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്നവർക്ക് പല കാര്യങ്ങളും കൊണ്ടുപോകാം പല സാഹചര്യങ്ങളും കൊണ്ടുപോകാം അപ്പോ ഒരു സാധന പല കാരണങ്ങൾ പറയുന്നതിന് നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിലൊക്കെ പറയും ഒരു പുരുഷനെ സംബന്ധിച്ച് ഭാര്യ മരിച്ചു പോയാൽ സന്യസിക്കും പല കാര്യങ്ങളിലൊന്നാണ് ഭാര്യ മരിച്ചുപോയി അതായത് സന്യസിക്കും ഒരു അങ്ങനെ സന്യസിച്ചു കഴിഞ്ഞാൽ എന്താ ഇന്നെ വിവേകം കൊണ്ട് സന്യസിക്ക വാർദ്ധക കുടിപൊട്ടി എന്ന് പറയുന്ന ചതുരാശ്രമം എന്ന് പറയുന്ന പഴയവരും കാഴ്ചപ്പാടനുസരിച്ച് സന്ധി ചെയ്യാം പല രീതിയിൽ സന്ധി ചെയ്യാം അങ്ങനെ ഈ ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം എന്ന് പറയുമ്പോൾ പഴയകാലത്ത് വളരെ ഉദാഹരണം കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ് അത് ഒരു ആധുനികമായിട്ട് ബുദ്ധനു ശേഷമുള്ള ബ്രഹ്മചര്യത്തിൽ സന്യസിക്കാം ബുദ്ധം പോലും ഗർഭസ്ഥർന്ന് സന്യസിക്കുമ്പോൾ അവരുടെ മനസ്സില് നിന്ന് പൂർണ്ണമായും ഉയർത്തിയെടുക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം അവരങ്ങനെ ജീവിച്ചവരാണ് അപ്പൊ പിന്നെ ജീവിതത്തിൽ ഒരു ബ്രഹ്മചര്യകൃതം അനുഷ്ഠിച്ച് ജീവിക്കുക എന്നത് അവരെ സംബന്ധിച്ച് പ്രയാസം അപ്പോ അവരുടെ മനസ് ആ പൂർവകാലങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നതാണ് ഈ സ്ത്രീ എന്താണെന്ന് പറയുന്നത് അവിടെയാണ് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാരണം അപ്പം വലിയൊരു സംഘർഷം മനസ്സിലുണ്ടാവും അതുവരെ ജീവിച്ചത് പുതിയ ജീവിതമായിട്ട് പൊരുത്തപ്പെടത്തില്ല ചീനങ്ങളൊക്കെ മാറ്റിയെടുത്ത് അവർക്ക് വലിയ പ്രയാസം അപ്പോ അതിൽ നിന്നുണ്ടാകുന്ന മാനസിക സംഘർഷം അതിന്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലത് പിന്നെ അത് ഇങ്ങനെ എഴുതി വെക്കുകയും ചെ ശങ്കരാഴുതി വയ്ക്കുന്നു വേറെ കാര്യം കാരണം അത് അവരനുഭവത്തെ മുൻനിർത്തി എഴുതുന്ന അപ്പൊ അവരെ സംബന്ധിച്ച് ആ മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരങ്ങനെയൊക്കെ എഴുതും പക്ഷെ അത് പുരുഷന്റെ ഭാഗത്തു നിന്നാണ് സ്ത്രീകൾ വഴിയാൽ അന്യസിക്കുന്ന അപൂർവമാണ് അതുകൊണ്ടുതന്നെ സ്ത്രീകൾ പുരുഷൻ തന്നെ കുറിച്ച് എഴുതാറു അങ്ങനെ കേട്ടും സ്ത്രീകൾക്ക് കേട്ടുമായി കുറവായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇതൊന്ന് വായിക്കാനോ കൈകൊണ്ട് തുടാനോ കൊള്ളാത്ത സുഗതികൾ വളരെ പ്രാകൃതമായ ചിന്തകളും എന്ന് മാത്രമേ ഇതേക്കുറിച്ച് പറയാനുള്ളൂ സംബന്ധമാണ് ഞാൻ പറയാം പിന്നെ അസംബന്ധത്തെ ശരി അടുത്ത കഴിഞ്ഞു അടുത്ത വരുന്ന ജരാം അസംബന്ധം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യത്ത് നിന്ന് എന്തിരിക്കുക ഒരു പരമാബദ്ധമാണ് ഇന്നത്തെ ചിന്തയിലാണ് പറയുന്നത് ഇതൊക്കെ അബദ്ധം പഴയ കാലഘട്ടത്തിൽ അതിന് വാർത്തയ്ക്കും എന്ന് അന്ന് മനുഷ്യന് പ്രശ്നമായിരിക്കാം ഒരു കാലഘട്ടം കാരണം മനുഷ്യന് അവന്റെ ആരോഗ്യത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു അധ്വാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ച ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അവിടെ അധ്വാനിക്കാമെന്ന് കഴിയില്ല മനുഷ്യൻ പരാശ്രിതനായി അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിച്ചിരിക്കണം അതൊരു ഗതികേടാണോ മനുഷ്യൻ നേട്ടം അതിൽ നിന്ദിക്കുന്നതായിരിക്കാം ആ കാലഘട്ടത്തിൽ ജീരിയാട്രിക് കെയർ അതിനെ കുറിച്ചാണ് ഇന്നത്തെ മനുഷ്യർ ചിന്തിക്കുന്നത് വാർദ്ധക്യത്തിൽ എത്തിയവരെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യം അത് ചിന്തിക്കുന്ന കാലമാണ് അന്നപ്പോ വാർദ്ധക്യത്തെ എങ്ങനെയാണ് നിന്ദിക്കുന്നത് ഒരിക്കലും നിന്ദിക്കുന്ന കാര്യ ഇനി മരണം തന്നെ വന്നുകഴിഞ്ഞാലും വാർദ്ധക്യത്തെ നിന്ദിക്കുക എന്നുള്ളത് പരമാസംബന്ധം ഇത് പല രാജ്യങ്ങളിലും നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ശാരീരികമായ അവശതകൾ വന്നു കഴിഞ്ഞാൽ മരണത്തെ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അത് ഏത് പ്രായത്തിൽ മാത്രം ഇവിടെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല നമ്മുടെ രാജ്യത്തു തന്നെയുള്ള അവകാശമില്ല സ്വയംഭരണത്തെ തിരഞ്ഞെടുക്കുന്നത് മരിക്കാം അവിടെയും എന്താണ് നിന്ദ പറയുന്ന ഒരു കാര്യം നിന്ദിക്കുക എന്ന് പറയുന്നത് പഴയകാലത്ത് മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുന്നു വേദഗന കൂടുതലാണ് അപ്പൊ വാർദ്ധകൃമായി കഴിയും വാർദ്ധകൃം എന്ന് പറയുന്ന വളരെ നേരത്തെ പോലെയല്ല പഴയ ആൾക്കാർക്ക് വലിയ ആരോഗ്യമുള്ളവരായിരുന്നു പ്രകൃതിയിൽ ചേർന്ന് ജീവിച്ചവരാണ് അത് വെറും അന്ധവിശ്വാസങ്ങളാണ് നമ്മളെ കാണും ആരോഗ്യം കുറഞ്ഞ ആൾക്കാരും ജീവിച്ചത് അല്ല കൂടിയ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചത് അവരുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരുന്നത് അല്ല പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച് ആരോഗ്യം മെച്ചപ്പെടും എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസം മനുഷ്യരിൽ നിന്ന് കൂടുതൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ഒരു സംരക്ഷണം ലഭിക്കുന്നതുകൊണ്ടാണ് പ്രകൃതിക്ക് വിധേയനായി കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കുന്നുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം നീണ്ടുപോകുന്നതും അത് സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ പ്രകൃതിയിലൊരു പ്രധാനമായും ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് പ്രകൃതിക്ക് വലിയ പങ്കുണ്ടല്ലോ പക്ഷേ ആ പങ്കിനോടൊപ്പം തന്നെ പല ഘടകങ്ങളും ആരോഗ്യത്തെ സംരക്ഷിക്കുകയാകും ഇത് മനുഷ്യൻ ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നതിന് പ്രധാനമായ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ആരോഗ്യ സംരക്ഷണം മറ്റൊന്ന് മെച്ചപ്പെട്ട ആഹാരം ഇത് രണ്ടും കൊണ്ടാണ് മനുഷ്യനും ആരോഗ്യത്തുടങ്ങി പഴയ കാലങ്ങളൊക്കെ അപേക്ഷ അതുകൊണ്ടാണ് പഴയകാലത്ത് ആയുർവേദം കുറഞ്ഞു ഇന്ത്യയിൽ നിന്നും ആയുർവേദം തുടങ്ങുന്ന എഴുപത്തിരണ്ട് വയസ്സാണ് ശരാശരി പുരുഷന് സ്ത്രീകളെപ്പോഴും മുന്നിലാണ് ലോകത്തെല്ലായിടത്തും പുരുഷന്മാരവ ആയുർവ്വൈർദ്ധ്യം തുടങ്ങിയ സ്ത്രീകൾക്കാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് സംസാരിക്കും പക്ഷേ മലബാർ കൂടുതൽ ജീവിച്ചു ലോകത്ത് പട്ടണങ്ങൾ അങ്ങനെ കുറേ ഇപ്പൊ വലിയ പങ്കുണ്ട് എങ്ങനെ ശുദ്ധമായ മണി ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം ശുദ്ധമായ പരിസ്ഥിതി ഉണ്ടെങ്കിൽ മനുഷ്യൻ ആ പ്രദേശത്ത് ഉള്ളത് അവിടെ മനുഷ്യൻ ആരോഗ്യത്തോടുകൂടി ദീർഘകാലിക ജനറ്റിക്സോ അതിൻ്റെ ഒരു കാരണമായി പറയുന്നു പുതിയ കണ്ടുപിടുത്തം ഇക്കി കായ് എന്നൊരു വിഷയം കൂടി കേട്ടിട്ടുണ്ട് ഏക്കായി കേട്ടിട്ടുണ്ടോ ചിലർ കേട്ടിട്ടുണ്ട് ഏ എവിടെ ജപ്പാൻ എക്കിനോവ എന്ന് പറയുന്ന എക്കിനോവഞ്ചേരി എക്കിനോവൻസ് അവിടെയുള്ള ആൾക്കാർ പഠിച്ചു കഴിഞ്ഞിട്ടു അവരുടെ ഒരു ഒരു ജീവിത ശൈലി അജീവശൈലി മാത്രമാണ് അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടിപ്പോ പറയുന്ന അവരുടെ ജീവനു അതിനൊരു കാരണമാണ് നമ്മുടെ ദീർഘായം നിർണ്ണയിക്കാൻ നമ്മുടെ ജീവന് ഉന്നേക്കുന്നുണ്ട് അതുകൊണ്ട് അജീവശൈലി മാത്രമാണ് ഇതിപ്പോ നിരവധി പുസ്തകങ്ങളുണ്ട് അപ്പോ അവരെ ജരാ വർദ്ധിക്കും അതിനെ ആ ഒരു പ്രദേശത്ത് മിക്കവർ എല്ലാവർക്കും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു ആ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നോണ്ട് എന്താ ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് ജീവിക്കുമ്പോഴും അവർ നല്ല ഗുണമേന്മയുള്ള ഒരു ജീവിതം നയിക്കും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർ തോൽവി അവർക്ക് റിട്ടയർമെന്റ് ഇല്ല അവർ ചെയ്യുന്ന തൊഴിലുകൾ അവർ ചെയ്തുകൊണ്ടേനോ എന്തെങ്കിലും തൊഴിലുകൾ അവര് അതൊന്നും അതുമാത്രമാണ് അവരുടെ പ്രത്യേകിത എന്ന് പറയുന്നത് ഈ വാർദ്ധക്യത്തെ നന്ദിക്കേറ്റി മറിച്ചെന്താണോ അവര് സന്തോഷത്തോടെയും വർദ്ധിക്കുക പരാശയത്തിൽ എല്ലാ രീതിയിൽ അപ്പൊ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണെന്ന് ഒന്ന് അവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം അവര് അവരുടെ ജീവിതത്തെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനെയാണ് അവർ സ്ഥിതിച്ച് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു കാര്യം അവർ പറയുന്നത് ഭക്ഷണം വയൽ നിടച്ച് കഴിക്കാൻ പാടില്ല അത് അവരുടെ ഒരു ശീലമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഭക്ഷണം വയലുകടച്ച് കഴിക്കാൻ പോറേണ്ട അത് വലിയ മഹത്വമായിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുവേ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയാത്ത ഒരു കാര്യം അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് എന്താണ് ഭക്ഷണത്തെ സംബന്ധിച്ച് വയറും നിറച്ച ആഹാരം കഴിക്കുന്നത് നമുക്ക് ഞാനീ ഒരുപാട് ആശ്രമങ്ങളിൽ താമസിച്ചു എല്ലാ ആശ്രമങ്ങളും ഞാനിപ്പോ ആദ്യം പറയുന്ന ഒരു പ്രദേശമുണ്ട് വയറും നിറച്ച ആഹാരം കഴിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ചെലവ് കുറയും എന്താണ് ഇച്ചിരിക്കുന്നത് ഞാൻ ഉള്ള കാര്യം പറയാം അതുകൊണ്ടാണ് അവർ പറയുന്നത് വയറും നിറച്ച ആഹാരം കഴിക്കുന്നത് ചെലവ് കുറഞ്ഞു ഞാൻ സത്യമേ പറയുന്നു പക്ഷെ ഒരു കാര്യം അവർ പറയുന്നില്ല എന്താണോ കിഗായി പറയുന്ന ഒരു കാര്യം ആ നിങ്ങള് കഴിക്കുന്ന ആഹാരം പോഷകങ്ങളുള്ള ആഹാരമായി അതാണ് ഈ വേദി കുറച്ച് കഴിക്കുന്നത് അത് അവര് പറയുന്നു നമ്മുടെ എത്ര പുസ്തകങ്ങളത് പറയുന്നു ഏ എവിടെ ഞാൻ വായിച്ചിട്ടില്ല ഇനി ആയുർവേദ ചില ശരീരങ്ങളെ കുറിച്ചത് പറയുമ്പോ അവിടെ പോയി യുക്താഹാരതന്നെയാണ് വയറു നിറച്ച് കഴിക്കാതിരിക്കുക പോഷകത്തെ കുറിച്ച് പറയുന്നില്ല ശരീരത്തെ പോഷിപ്പിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും പോഷിപ്പിക്കുന്ന ആഹാരം കഴിക്കണമൊന്നും ഇടത്തും പറയുന്നില്ലെന്ന് ഞാൻ പറയും അങ്ങേ അതും പറഞ്ഞാലും വേണം ഞാൻ പറഞ്ഞില്ല എന്താ പറയുന്നു ആയുർവേദം നെയ്യ് ഓടിച്ചാൽ ദീർഘായുസം ഉണ്ടാവുമെന്ന് പറയും നെയ്യ് അതുപോലെ നെയ്യ് എന്ന് പറയുന്നത് എന്താ പോഷകാഹാരമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് വളരെ സസ്യസമൃദ്ധമായ ആഹാരമാണ് അപ്പോ പോഷകമുള്ള ആഹാരങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട് എന്നാലും പോഷകമുള്ള ആഹാരം കഴിക്കണമെന്നുള്ളത് നിർദ്ദേശം ഉണ്ട് ഇവിടെ അത് ഒരു ആശ്രമകാർക്കും അങ്ങനെ ഒരു ആശയം കാരണം എന്തുകൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിലും നമ്മളെന്താ ചെയ്യുന്നത് ഒരു ചമ്മന്തി വെച്ചിട്ട് ഒരു പറച്ചോറും എന്നിട്ട് പണയൊക്കെ വരുന്നിട്ട് എമ്പിട്ട് എഴുന്നേൽ പോവും അതിനകത്ത് എന്താ കാരണം ഒന്നുമില്ല അപ്പൊ ഭക്ഷണ ശൈലി എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ് എൺപത് ശതമാനം എന്നൊക്കെയാണ് അവർ പറയുന്നത് എൺപത് ശതമാനമേ കഴിക്കാവും ഭക്ഷണം പക്ഷെ അവരെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് അത് എന്തായിരിക്കണം ഭക്ഷണം പോഷക സമൃദ്ധമായിരിക്കണം അത് ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും ആവശ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന് ആരോഗ്യം ഉണ്ടാവും അതുകൊണ്ട് അവരുടെ ദീർഘായുസിലെ ക്വാളിറ്റിയുള്ള ദീർഘായുസ്സം എന്ന് പറയും ആരോഗ്യകരമായ ദീർഘായുസ് ദീർഘ ആയുസായി ഇങ്ങനെ കട്ടിലിടന്ന് നമ്മുടെ ആൾക്കാരെല്ലാം ദീർഘ ആയുസായി കഴിഞ്ഞാൽ കിടപ്പിലായിരിക്കും ആരെയും നോക്കുക ദീർഘായുസെന്നു പറഞ്ഞാൽ കിടപ്പിലായിരിക്കും കുറേ കാലം മറ്റുള്ളവരെ കുഴപ്പം കുറയുകയാണെങ്കിൽ എന്തുകൊണ്ട് മെച്ചപ്പെട്ട ആരോഗ്യമല്ല അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ചല്ലെട്ട് വയസ്സുള്ളവർ ജോലി രീതി ഒരു ആവറേജിന് മേളിലുള്ള കാര്യം പറയാണ് രോഗമില്ലാത്തവരില്ലെന്നല്ല പക്ഷെ ഒരു കാര്യം അവിടെ പ്രത്യേകിച്ച് പറയുന്നത് എന്താണ് അവിടെ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുന്നവർക്ക് കുറവാണ് വളരെ കുറവാണ് നമ്മുടെ സമയത്ത് കാത്തിട്ടുള്ള അവന് ഒരു കാരണം പറയുന്നു അവരുടെ മാനസികാരോഗ്യം വളരെ മെച്ചപ്പെട്ടു അവര് സന്തുഷ്ടരാണ് കൂടുതലും നമുക്ക് അവരുടെ ജീവിത രീതികളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് മലയാളത്തിലോട്ട് ഇംഗ്ലീഷിലോട്ടും ആരാണ് കുറേയൊക്കെ അതിശയോക്തികളുമാണ് ആൾക്കാർ ശരിയായ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതശൈലി കൊണ്ട് മാത്രമാണ് അവരുടെ തിങ്കായുസം ആണ് പലരും എഴുതിയിരിക്കുന്നത് അത് ശരിയല്ല അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴെന്ന് മനസ്സിലായി ജീവിതശൈലി മാത്രാണ് അതിന് കാരണം അവരുടെ പ്രകൃതിയും കൂടിയാണ് നല്ല ശുദ്ധമായ ശുദ്ധമായ വെള്ളം ആണ് അവിടുത്തെ ഗുണം ശുദ്ധമായ വായിക്കുക അതുപോലെ മെച്ചപ്പെട്ട ആഹാരം ക്വാളിറ്റിയുള്ള ആഹാരം അപ്പൊ ഇത് മനുഷ്യന് വേണ്ടതാണ് ലോകാരോഗ്യ സംഘടന പറയുകയും മനുഷ്യന്റെ എന്താണ് മൗലിക അവകാശമൊന്നാണ് മെച്ചപ്പെട്ട ആഹാരമെന്ന് പറയും ഇന്ന് ലോകത്ത് ഇന്ന് ലോകത്ത് മനുഷ്യർക്കെല്ലാം കഴിക്കത്തക്ക മെച്ചപ്പെട്ട ആഹാരം ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങൾക്കും കഴിക്കത്തക്ക ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് വിതരണം ചെയ്യപ്പെടും എല്ലാ മനുഷ്യനും എത്തിച്ചേര് വലിയൊരു പങ്ക് വേസ്റ്റായിപ്പോ അങ്ങനെയൊക്കെ ഒരു പല കാരണങ്ങളാണ് രാഷ്ട്രീയമായ കാരണം മറ്റേ പല കാരണങ്ങളും ആഹാരമില്ലാത്ത ഉണ്ടെന്ന് പറ്റില്ല അപ്പൊ വാർദ്ധക്യം എന്ന് പറയുന്നത് രണ്ടു കാര്യത്തിൽ എന്താണെന്ന് വാർദ്ധക്യത്തിൽ ഒരാൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം സാധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മരണത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മരിക്കാനുള്ള സ്വാതന്ത്ര്യം കാരണം സ്വാഭാവികമായി സംഭവിക്കുന്നതാണല്ലോ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യ കഴിഞ്ഞു യുവനവും കഴിഞ്ഞു വാട്ടർ കാര്യങ്ങൾ സാധാരണ പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺ ജീവിതസാധനഗതി മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ മറ്റ് എന്താണോ യൂറോപ്യൻ രാജ്യങ്ങളെങ്ങൾ അതുപോലെ തന്നെ അവന് മരണത്തെ തിരഞ്ഞെടുക്കുന്നുള്ള സ്വാതന്ത്ര്യം വേണം മരിക്കുന്നു എന്റെ അഭിപ്രായമാണ് ആൾക്കാർ ഇങ്ങനെ കട്ടിലിങ് കിടത്തി ഒഴിയുന്നതിന് വേറെ എന്ത് ചെയ്യുക അവർ കൊന്നുകളയുന്നു കൊന്നുകളയാന്ന് ചോദിച്ചാൽ അവരറിയാ കൊല്ലാന്നുള്ള ആ മരണം അവർ സ്വയം സ്വീകരിക്കുന്ന സ്വാതന്ത്ര്യമാണ് മരിക്കണമെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം വേണമെന്നുവെച്ചാൽ മറ്റുള്ളവർ കൊന്നാലല്ലേ കിട്ടും അപ്പൊ ആ തന്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ആരും ഒരു ദോഷമുണ്ടോ ഒരു ഹിംസയും ഈ അടുത്ത വായിച്ചിരിക്കും അതുകൊണ്ട് രണ്ടുപേരും മരണത്തെ സ്വീകരിച്ചു വിദേശ രാജ്യത്താണ് അപ്പോ അത് എന്താണ് അവര് ജീവിതത്തെ വളരെ ശാന്തമായി അവസാനിപ്പിച്ചു അത് ശരിയാണ് അനുവദം വാർത്തിക്കെ അങ്ങനെ ഒരു സാഹചര്യത്തെ സ്വീകരിച്ചാൽ പോടും വാർദ്ധക്യത്തെ നിന്ദിക്കുന്നത് യാതൊരു അർത്ഥവും അതിന് ഓരോ ആത്മീയതയുണ്ട് ഓരോ ആത്മീയതയുടെ അളവ് പോലും വെച്ച് അതിനളക്കാൻ പറ്റില്ല ഈ വാർധക്യം നിന്ദന്ന് പറയുന്നത് ശരിയാണ് വാർദ്ധക്യ കുറവ് മനുഷ്യന് അവസരാവും പലതരത്തിലുള്ള അവസരങ്ങളും വരും പക്ഷെ അവർക്കും എന്താണ് സ്വാഭാവിക രീതി അവർക്കുണ്ട് അവർക്ക് ജീവിക്കുന്നതിനുള്ള അവകാശവും മരണത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് രണ്ടും കൂടെ വരുമ്പോൾ മാത്രമേ രണ്ടും അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ പ്രബുദ്ധരായ നല്ല രീതി ഇവിടെ പ്രാചീന രീതി എന്ന് പറയുന്നത് പ്രാകൃതമാണ് ശരിയായ രീതി എന്താണ് ഇപ്പോ ധൃതരാഷ്ട്രം കുന്തി എണ്ണം വാർദ്ധക്യത്ത് കാട്ടിപ്പോയി തീപിടിച്ച് മരിച്ചു അതെന്തോ വലിയ കാര്യമെന്ന് ആൾക്കാർ പ്രസംഗിക്കുന്നത് തികച്ചു അസംബന്ധമാണ് അതായത് ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ അന്ന് ആൾക്കാർ വീട് വിട്ട് കാട്ടിപ്പോകുന്ന എന്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് സ്വയം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമാണ് എന്ന് തോന്നുന്നുണ്ടാവും മറ്റുള്ളവർക്ക് നമ്മൾ ഭാരമാണ് അതുകൊണ്ട് ഒഴിവായി പോകാം പോയാൽ കാട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏതെങ്കിലും വന്യമൃഗങ്ങൾ തന്നും അല്ലെങ്കിൽ ഇത് പറഞ്ഞു പിടിക്കുന്നില്ല അപ്പോൾ അതാണോ ഒരു മനുഷ്യ അങ്ങനെയാണോ അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട മനുഷ്യന്റെ ജീവിതം പറയും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അന്ന് ഈ പ്രായമുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരു സംവിധാനമുണ്ടായി അങ്ങനെ ഒരു കാഴ്ചപ്പാടി ഞാനിപ്പം ഇവിടെ ആശ്രമത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കും അവർ വേണ്ടതെല്ലാം ചെയ്തുകൊടുക്കും അവരെ സംരക്ഷിക്കും പക്ഷെ ഞാൻ പല ആശ്രമങ്ങളും കണ്ടിട്ടുണ്ട് എന്താണ് പ്രായമുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരു വ്യവസ്ഥയില്ല ഈ പ്രായമുള്ള സ്വാഭിമാനം നരയിക്കുന്ന ഞാൻ കലാശ്രമങ്ങളും കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ അത് സംഭവിക്കുന്നവരുടെ ഇതാണ് ആധുനികമായ ചിന്ത ഉള്ള നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ആശ്രമങ്ങളും ഇതുപോലെ പ്രത്യേകിച്ച് വടക്കയിലെ ആശ്രമങ്ങളൊക്കെ സംരക്ഷിക്കാറില്ല അവരുടെ കടന്നും ഒരുപാട് സ്ഥലങ്ങൾ ഒരിടത്തുനിന്ന് ആരും തിരിഞ്ഞോ അതിനവര് പറയുന്ന എന്താണെന്നറിയോ കഷ്ടപ്പെട്ടാൽ നമ്മുടെ ശാസ്ത്രം പഠിപ്പിച്ചിരിക്കുന്നവരുടെ പ്രാരബവും അതുകൊണ്ട് അതിൽ കഷ്ടപ്പെടുന്ന അകം ചെയ്യാൻ പറ്റും ഓരോരുത്തരുടെ പ്രാരംഭം അനുഭവിച്ചല്ലേ പറ്റും എന്ന് പറഞ്ഞ ഒരു മൂകസാക്ഷികളായി മാറിപ്പോവുകയാണ് പല സ്ഥലത്തും അങ്ങനെ ആര് തിരിഞ്ഞു നോക്കത്തില്ല അപ്പൊ ഇത് ഇതാണ് എന്താണ് ഇതാണ് ആശ്രയ സംസ്കാരം ഈ ആശ്രമങ്ങളിലും നടക്കുന്നു സംരക്ഷിക്കാതിരിക്കാം സംരക്ഷിക്കാൻ പറ്റുന്ന ആധുനിക സംസ്കാരം ഞാൻ കഥ പറയുക എന്താ നേരത്തെ കണ്ട കൈ പലടത്ത് ഞാനതിന് ഇടപെട്ടിട്ടുണ്ട് പലയിടത്ത് നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം ഞാൻ താമസിച്ച അത്തരം ആൾക്കാരെ നരയിൽ നിന്ന് കണ്ട് ഞാനത് ഇടപെട്ടിട്ടുണ്ട് എന്നാൽ കഴിയുന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് അന്വേഷിച്ചു ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പൊ പഴയകാലത്ത് ഇങ്ങനെ ആവുമ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർക്ക് സ്വയം തന്നെ തോന്നുകയാണ് നമ്മളെ ഒരു ഭാരമാണ് മറ്റുള്ളവർ അവർക്ക് അവരെ സംരക്ഷിക്കാൻ ഒന്നുകിൽ അന്ന് അതിനുള്ള വ്യവസ്ഥയില്ല അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അവരവരെ കാത്തിരിക്കുന്നു വന്യമൃഗങ്ങളുടെ ഭക്ഷണമായിരുന്നു അല്ലെങ്കിൽ അവിടെ പോയി ആത്മഹത്യ ചെയ്തു ഏ അതൊരു നല്ല പേര് പറയുന്നേ ഉള്ളൂ കഥ ഇകഥത്തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് എന്ത് സംഭവിച്ചത് ഈ നമുക്ക് പൊന്തിയുടെ കഥ വായിച്ചറിയാം എന്ത് സംഭവിച്ചു അപ്പൊ പറയാൻ സമാധാനം എന്താണ് അത് അനുഭവിച്ചേ പറ്റും നാളെ യുവം കിടന്ന് അനുഭവിക്കുമ്പോൾ യുവ ചെറുപ്പം വിചാരിക്കുന്നു അവിടെ പ്രാരബ്ദവും അനുഭവിച്ചേ പറ്റും അപ്പോ അങ്ങനെ അവര് എന്താണ് സ്വയം സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ടുണ്ടായിരുന്നു അതിന്റെ അപവാദങ്ങൾ കാണും പൊതുവെ ഉണ്ടായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പാനപ്രസവും സന്യാസവും ഒക്കെ ബലമായിട്ട് വന്നത് കോവിന്റെ വീട്ടുകാർക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത ഇല്ല പാനപ്രസവം എന്ന് പറഞ്ഞ കാട്ടിപ്പോയി കഴിഞ്ഞ പിന്നെ അവര് സംരക്ഷിക്കും ചോദ്യം മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കണമെന്നുള്ള ആശയം ഉണ്ടായിരുന്നില്ല മാതാപിതാക്കളൊക്കെ സംരക്ഷിക്കുന്നു പറയുന്നു ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആശയങ്ങളൊക്കെ ദാരിദ്ര്യമുണ്ടായിരുന്നു കരുണ്യ സ്നേഹം കൃപ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ പണ്ട് ഒരുപാടുണ്ടായിരുന്നു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ കാണുന്നത് വനപ്രസ്ഥം കാട്ടിലേക്ക് പോവുക മാതാപിതാക്കളെ മക്കളെ സംരക്ഷിക്കുകയും സംരക്ഷിക്കുമെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് ഭാരം വന്നു കാട്ടുപോകും വീട്ടിൽ അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വൈരുദ്ധ്യമാണ് ഒരു ഭാഗത്ത് അതൊരു പാഠമായി പഠിക്കുകയും ഒരു ഭാഗത്ത് അവരെല്ലാം വീട് അപ്പൊ ആശയങ്ങൾ ഉണ്ടായിരുന്നു പ്രായോഗികമായി അതൊന്നും അത്ര കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ന് രണ്ടും വരുന്നത് ഇന്നങ്ങനായി അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതാണ് ഇന്നത്തെ അതിനും അപവാദവും സംരക്ഷിക്കാതെയുള്ള മാതാപിതാക്കളെ കൊണ്ടുവന്നവരുണ്ട് അതൊക്കെ ഇന്നും ഉണ്ട് ഇന്നു പറയുന്നു പക്ഷെ നമ്മൾ പറയുന്ന ഇന്നും പൊതുവായ കാഴ്ചപ്പാടൊക്കെ അതും ഒരിക്കലും എന്താണ് ജനയെ നന്ദിക്കുകയല്ല മറിച്ച് സംരക്ഷണ ആവശ്യമുണ്ടെങ്കിൽ സംരക്ഷണം ഇനി ഈ പറയുന്ന അക്നോമിനിസം പോലെയുള്ളവരാണെങ്കിൽ അവർക്ക് സംരക്ഷണ ആവശ്യമേയില്ല അവര് തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിൽ ജോലി ചെയ്തു അതിന് ചിലരുടെ ജീവിതം ഞാൻ വായിച്ചു തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലൊരാള് എന്ത് ചെയ്യുന്നു അയാളീ ഒട്ടാവട്ടിയൊക്കെ നെയ്യുന്ന ഒരു ജോലിയാണ് ആ പ്രായത്തിലായാലും അത് നെയ്യുകയാണ് വേറെ ജീവിതം വായിച്ചപ്പോ അയാളുടെ ഈ പ്രായം കൂടുതൽ നടു ഇങ്ങനെ വളഞ്ഞുപോയി ചിലപ്പോ ഇങ്ങനെ അങ്ങനെ നടു റാ പോലെ വളഞ്ഞുപോയി അയാൾ എന്ത് ചെയ്യുന്നു വയലിൽ പോയി കൃഷി അതെങ്ങനെ സന്തോഷങ്ങളോ അല്ല മറ്റുള്ളവരെ സംരക്ഷിക്കാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന അപ്പൊ ഈ പറയുന്നതും ജലാചികുത്സാഹം എന്ന് പറയുന്നതും എന്ന് നോക്കി പറയാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വല്ലതും വർദ്ധിക്കുന്ന ഒരാളുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ അവരുടെ അനുഭവ സമ്പത്ത് വളരെ വലുതാണ് അത് പലതും പലതും കാലഘട്ടത്തിൽപ്പെട്ടതായിരുന്നു പക്ഷെ പലതും അത് പുതു തലമുറക്ക് ഉപയോഗിക്കാതിരിക്കുന്നതായി ലോകത്തിലെ വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ മനുഷ്യരുടെയൊക്കെ കണക്കിലെടുക്കുകഴിഞ്ഞാൽ അവരെല്ലാം ആ നേട്ടങ്ങളെല്ലാം സ്വായത്തമാക്കിയത് മിക്കവാറും എന്താ അമ്പത് വയസ്സിന് ശേഷമാണ് കൂടുതലും ഭൂരിപക്ഷം എന്തുകൊണ്ട് അവരുടെ അനുഭവസമ്പത്ത് അവർക്കൊരു മുതൽ കൂട്ടമാണ് അത് അവർക്ക് പുതിയ തലമുറയെ നേർ വഴിക്ക് നയിക്കുന്നേനവർക്ക് ഉപയോഗിക്കാം അത് ഉപയോഗപ്പെടുത്താൻ മതി അവരുന്നത് പുതിയ ധർമ്മിത് ഉപയോഗപ്പെടുത്തണം ആ രീതിയിലാണ് ഇന്നും മനുഷ്യൻ ചിന്തിക്കുന്നു മുന്നോട്ട് പോകും അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരിക്കണം അത് മൂല്യവത്തായിരിക്കണം അർത്ഥവത്തായിരിക്കണം എന്നുള്ള അതാണ് ഇന്നത്തെ കാഴ്ച അതുകൊണ്ടാണ് കളയേണ്ട കാര്യമാണ് അതിൽ ദൗരപതി അപര്യാപ്ത ബാലത്വം ബലാധിപതി യൗവനം യൗവനഞ്ച ജലാപശ കർക്കശതാമ പര്യാപ്തം പാലും ബാല്യം എന്ന് പറഞ്ഞാൽ പര്യാപ്തമല്ല എന്നുവെച്ചാൽ അതിൽ നേരത്തെ പറഞ്ഞു അത് ശരിയാണ് ന്യൂനതകളുണ്ട് ബലാത് വിപതി യൗവനം ബലാത്യൗവനത്തിലേക്ക് കടക്കുന്ന ഫലം ശരീരത്തിന്റെ അവസ്ഥകൾ വിപതി എന്നുവെച്ചാൽ മാറുന്നു എന്നുള്ള അർത്ഥത്തിൽ കടന്നുപോകും അത് ശരിയാണ് ഇതൊക്കെ ഈ പറയുന്നത് ശരിയാണ് അതിന് ദോഷമുണ്ടെന്നുള്ളതാണ് യൗവനന്റെ ജല യൗവനൊക്കെ ജല അപഹരിക്കുന്നു അത് ശരിയാണ് യൗവനം കഴിഞ്ഞ ജീവിതത്തിൽ സ്വാഭാവികമാണ് പരിണാമത്തിൽ ജീവന് സംഭവിക്കുന്ന കാര്യം പശ്ചാത്തൽക്കശ ഇവയുടെ പരസ്പരമുള്ള തർക്കശം എന്നുവെച്ച അവശ്യം സംഭവിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുള്ളതാണ് ശരിയാണ് ഇതൊക്കെ അവശ്യം സംഭവിക്കുന്നു മനുഷ്യന് ആവശ്യം ഉണ്ടെങ്കിൽ ബാധ്യത്തെ തന്നെ മരിച്ചു പോയത് സംഭവിക്കുന്നില്ല യുവനത്തിൽ മരിച്ചാൽ പിന്നെ സംഭവിക്കില്ല അപ്പം ഇതൊക്കെ അവശ്യം ഭാവി ആൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവമാണ് ജീവശാസ്ത്രമാണ് പക്ഷെ അതും മനുഷ്യൻ സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല ഇനി വേറെ കൂടെ കൊണ്ട് ഇതിനെ നീട്ടിവെക്കാൻ കഴിയുന്നതാണ് അധികം താമസയാണ് വായിച്ചുകൊണ്ട് ഒരു നൂറ് വർഷത്തിനകം തന്നെ മനുഷ്യന്റെ ആയുസ് ശരാശരി ആയുസ് ഇരുന്നൂറ് വർഷമാവുന്ന ഇപ്പം നൂറിനടുത്തുകൊണ്ടിരിക്കുകയാണ് നൂറിന് അടുത്തുകൊണ്ടിരിക്കുകയാണ് പുരോഗതി വേഗത്തിലായിരുന്നു വന്നത് ഒരു ഇരുന്നൂറ് വർഷം അതിനകം മനുഷ്യൻ ശരാശരി ജീവിക്കുന്ന എത്ര വർഷമായിരുന്നു ഇരുന്നൂറ് വർഷം നമ്മൾ ഭാഗ്യമില്ലാത്തതായിട്ട് നമുക്ക് പറ്റില്ല ഏ ആര് നമ്മൾ വേണ്ടി ജനിക്കുമെന്ന് ആ നമ്മുടെ ഒരു ആശയം ഉണ്ടെങ്കിൽ നല്ലതാണ് എനിക്കതിൽ വരെ പ്രതീക്ഷിക്കും അവർ വീണ്ടും ജനിക്കും അതിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല പുസ്തകത്തിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ വ്യക്തിപരമായിട്ട് ഒരു സാധ്യതയുണ്ട് ഈ വേദാന്തമൊക്കെ മനസ്സിലാക്കിയപ്പോൾ പൂർണ്ണമായും നിഷേധിച്ചിരിക്കണം എന്നാണ് ഞാൻ രാജേ മുറിയത് എല്ലാം ചെറിയ പൊലീറ്റുണ്ടായിരുന്നു അതും പോയി അല്ലാതെ നോക്കിയാലും അങ്ങനെയുള്ള സാധ്യത കുറവാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കഥ കേട്ടതൊക്കെ ധാരാളം അതല്ല പറയുന്നു യുഗുപ് വെറുപ്പിന്റെ വെറുപ്പെന്ന് പറയുന്ന എന്തിനാണ് ഇതിലൊന്നിലും വെറുപ്പല്ല വേണ്ട ജീവിതത്തിൽ നിയമം വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഡിസിപ്ലിൻ വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാ ജീവിതാവസ്ഥകളിലും മനുഷ്യനൊരു ഡിസിപ്ലിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ് മനുഷ്യൻ അവിടെ ഈ വെറുപ്പെന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കുക എനിക്കത് മനസ്സിലാവുന്നു അതിനെ ആത്മീയതയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കും ആത്മീയതയിൽ വെറുപ്പിനെന്താസ്ഥാന ബാല്യത്തെ വളർക്കുക യുവനത്തെ വെറുക്കുക മണമൂല്യത്തെ വെറുക്കുക സ്ത്രീകൾ വളർക്കുക പുരുഷനെ വെറുക്കുക ഈ പറയുന്നതിനൊക്കെ എന്താ അർത്ഥം മനുഷ്യനവനമെൻ്റെ ഒരു ഡിസിപ്ലിനെ ജീവിച്ച പോലെ അത് കഴിവില്ല അതിന്റെ ഈ വെറുപ്പിന്റെ ഒരു പ്രശ്നമേ വരക്കില്ല അപ്പൊ അതിന് കഴിയാത്ത ഈ വെറുപ്പെന്ന് പറയും അവരത്തിട്ടും പ്രയോജനമൊന്നുമില്ലല്ലോ തന്റെ ജീവിതത്തിൽ അധികാരം ഡിസിപ്ലിൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വെറുപ്പുണ്ടെന്ന സ്വന്തം മനസ്സ് സരക്ഷിതമാകും എന്നുള്ളതാണ് വെറുപ്പ് മനുഷ്യനിൽ നിന്ന് നൽകി ഒരു ഗുണവും ചെയ്യും വെറുപ്പെന്ന് പറയുന്ന ഈ വാക്കേനെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പിന്നെ വെറുപ്പിന് യാതൊരു പ്രസക്തിയായി അത് ഇത് ഇങ്ങനെയൊക്കെ വരുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഈ സ്ത്രീ എന്ന് പറയുന്ന കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ വിധി നിഷേധങ്ങളെ കൂടുതൽ ആശ്രയിച്ചതോക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ തരണം അവിടെയാണ് അത് പരിണാമശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കുറച്ച് മനുഷ്യർ ഒരു ഒരിടത്ത് താമസിക്കുന്ന ഒരു പ്രദേശത്ത് പഴയ കാട്ടുകളൊക്കെ താമസിച്ചു അപ്പോ അവര് അവരോട് അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നു പഴയ ഗോത്രകാല ജീവിതത്തിൽ നേതാവ് ഇവരോട് പറയും നിങ്ങൾ ആ വഴിക്ക് പോകരുത് എന്താണ് അവിടെ പുലിയോട് എന്ന് പറയും അപ്പൊ ഈ കൂട്ടത്തിൽ ഇതിനനുസരിക്കുന്നവരുമാണോ ഇതിനെ നിഷേധിക്കുന്നവരുമാണ് അനുസരിക്കുന്നവരെന്ത് ചെയ്യുന്നു പുതിയുണ്ടെന്ന് പറഞ്ഞ് അനുസരിക്കുന്നവർ ആ വഴിക്ക് പോകത്തില്ല അവരതിജീവിക്കും അതിജീവികനുമാണെന്നും പ്രണാമത്തിനൊരു മുഖ്യ സിദ്ധാന്തം പക്ഷെ അത് അനുസരിക്കാത്തവരെന്ത് ചെയ്യും അതുവഴി പോകും അവരെ പുലിപിടിച്ചേക്കും അവരതിജീവിക്കത്തില്ല അപ്പൊ എന്താണ് അവരിൽ കടന്നു വന്ന ഒരു സ്വഭാവവിശേഷമാണ് അവന്റെ എന്താണ് ഒരു ആജ്ഞയെ സ്വീകരിക്കുക എന്ന് പറയും അനുസരിക്കാം അനുസരിച്ചവര് അതിജീവിച്ചതുകൊണ്ട് അപ്പൊ അവന്റെ ഉള്ളിലൊരു പാഠം വരികയാണ് അനുസരിച്ച് അതിജീവിക്കാം അപ്പോ അതിജീവിച്ചവരിലെല്ലാം എന്നുവെച്ചാ ആ സന്തതി പരമ്പര തുടർന്നവരിലെല്ലാം ഉള്ളിൽ അവർക്കൊരു ബോധമുണ്ടായത് ഞങ്ങൾ അനുസരിച്ചത് കൊണ്ടാണോ അതിജീവിച്ചത് മനുഷ്യർ എന്ന് വെച്ചുകൾ അതിങ്ങോട്ട് വന്ന കാര്യം പറയുക ഈ മൃഗങ്ങളുടെ ഇടയിലേക്കുണ്ട് അവര് നേതാവ് കൂടെയുള്ളവരനുസരിച്ചിരിക്കും അങ്ങോട്ട് പോകരുത് എന്ന് പോയ അപകടം വേണം അപ്പോ പോകുന്നവർ അതിജീവിക്കില്ല പോകാതെ അപ്പോൾ അനുസരണ എന്ന് പറയുന്ന അങ്ങനെ മനുഷ്യന്റെ ജീവൻ കടന്നുകൂടി വന്നു പക്ഷെ ക്രമേണ മനുഷ്യനൊരു മാറ്റം എന്താണ് അവന്റെ ബുദ്ധി നിരസന്നപ്പോ ഈ അനുസരണയുടെ സ്ഥാനത്ത് അവന് തിരഞ്ഞെടുപ്പുകളുണ്ട് അവൻ സ്വയം തെരഞ്ഞെടുക്കാൻ തുടങ്ങി അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ അവൻ തന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ പിന്നെ വേറെ ആൾ പറഞ്ഞുതരേണ്ട ആവശ്യമുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ചെയ്തു അവന്റെ ബുദ്ധി പറക്കി അവൻ ചിന്തിക്കുന്നു എന്തേതാണ് ചീത്തേതാണ് അപ്പൊ ഈ ഹോമോസാഫിയൻസാഫിയൻസിന്റെ കാലം വന്നപ്പോ അവന്റെ ബുദ്ധിക്കൊക്കെ ശരിക്കും വികാസം പ്രാപിച്ചു അവൻ തിരഞ്ഞെടുപ്പുകൾ അപ്പോ മറ്റതിന്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ ഒരു നേതാവിന്റെ കീഴിൽ കഴിയുക നേതാവ് പറഞ്ഞ അനുസരിച്ച് ജീവിക്കാൻ പറയുന്നതെന്നും മനുഷ്യൻ മാറാൻ തുടങ്ങി സ്വതന്ത്രനാകാൻ തുടങ്ങി സ്വയം അവൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അപ്പൊ അവനെന്ത് ചെയ്തു അവൻ സ്വയമാണ് അവൻ്റെ ഡിസിപ്ലിൻ തീരുമാനിക്കുന്നു ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് ഇവഴിക്ക് പോയാൽ ഗുണമായി വേറെ വഴിക്ക് പോയാൽ ദോഷമായി അങ്ങനെ അപ്പോ വിധി നിഷേധങ്ങളിൽ മനുഷ്യൻ മാറിയിട്ട് അവന്റെ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോ അവന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന അവൻ സ്വയം സ്വീകരിക്കുന്ന മറിച്ചാണെങ്കിലും എന്താണ് അവൻ്റെ അടിച്ചേൽപ്പിക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഈ കികായി പറയുന്ന ഒരു പ്രധാനമായ കാര്യമാണ് അവരുടെ തൊഴിൽ എന്ന് പറയുന്ന അവരുടെ തിരഞ്ഞെടുപ്പാണ് അവരും അടിച്ചേൽപ്പിക്കുക അവരുടെ ദീർഘായ കാര്യം പറയും ഒരു തൊഴിലെന്ന് പറയുന്ന ഒരു തന്റെ തിരഞ്ഞെടുപ്പാണെങ്കിൽ ഉള്ള ഗുണം എന്താണോ അവൻ സന്തോഷത്തോടെ ആ പ്രവർത്തിച്ചു നിങ്ങൾ ആരെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ജോലി സന്തോഷത്തോടെ ചെയ്യാൻ പറ്റില്ല സന്തോഷത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോ ഇത് അരസമ്മാന കാര്യങ്ങൾ പറയും ജോലി ചെയ്യാൻ ചെയ്യാൻ മനസ്സുണ്ട് പക്ഷേ ആ ജോലി അയാൾക്ക് തിരഞ്ഞെടുക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് തിരഞ്ഞെടുക്കാനുള്ള അവസരവും കിട്ടുകയാണെങ്കിൽ സ്വാതന്ത്ര്യ വീണവസരവും വേണം അവസരം ഇല്ലെങ്കിൽ പറ്റത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ അയാള് പ്രവൃത്തി സന്തോഷമായിട്ടില്ല അപ്പോ അവരുടെ എന്താണ് ദീർഘാവുസരിച്ച് രഹസ്യമായി പറയും രഹസ്യമല്ല അതിൻ്റെ ഒരു അടിസ്ഥാനമായി പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം കാരണം അവര് തൊഴിലുകൾ തിരഞ്ഞെടുക്കും അവർക്ക് ഇഷ്ടമുള്ള തൊഴിലവരിച്ച് അപ്പോൾ അത് സന്തോഷമായിട്ട് ചെയ്യും മറ്റൊരാളെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയാം അത് ചെയ്യടാ ഇത് ചെയ്യടാ അത് ചെയ്യും ഇത് ചെയ്യും ഇതിനൊക്കെ പറയും ചെയ്യാതെ പണിയാം അതുകൊണ്ട് അത് ചെയ്യുന്നവർക്ക് ഇഷ്ടമില്ല അത് അവർക്ക് മനസ്സിലാകുന്നില്ല നമ്മളത് ചെയ്യാന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ് അപ്പൊ നമ്മൾ ഓറോടുത്തുകൊണ്ട് ചെയ്യും അത് ശരിയാകത്തുവരി എകാര്യം പറയുന്ന ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് മനുഷ്യന്റെ അവരുടെ തൊഴിൽ എന്ന് പറയുന്ന അവന്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാ നിഷേധങ്ങളല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു സന്തോഷമായി ജീവിക്കുമ്പോൾ സന്തോഷമായ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ദീർഘായുസ് ഉണ്ടായിരിക്കുമെന്നാണ് അത് ഈ പറയുന്ന ഒരു കാരണം അത് മാത്രമല്ല ഒരു കാരണം അതാണ് അപ്പൊ അവൻ ഉണ്ടാവും ആ തൊഴിൽ നല്ലവണ്ണം ചെയ്യും അത് അവരുടെ ദുർഗായ പ്രത്യേകതയായി പറയുന്നു അപ്പൊ ആ തിരഞ്ഞെടുപ്പുകൾ എന്ന് ഇതിന് അവസരമില്ലാതെ വരുമ്പോഴാണ് എന്റെ ഓരോന്നൂനെ പഠിച്ചേക്കുന്നത് അപ്പൊ സ്ത്രീയുടെ വിഷയം പറഞ്ഞാലും ശരിയല്ല സ്ത്രീക്ക് തന്റെ തൊഴിൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും ഉണ്ട് അവിടെ പിന്നെ ജുഗുപ്സ ജനത്തയുടെ ആവശ്യം സ്വാതന്ത്ര്യമുള്ള അവസരമുണ്ട് അവിടെ തുല്യതാമെന്ന് പറയുന്നവരും അല്ലാതെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായ സമത്വമാണ് ഇങ്ങനെയുണ്ട് സമത്വങ്ങളൊ പുരുഷൻ നിശ്ചയിക്കുന്ന ജോലി സ്ത്രീ ചെയ്യുക സ്ത്രീ എന്തെയ്യോ തന്റെ സ്വാതന്ത്ര്യം തന്റെ തൊഴിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആണ് ഹെമിനിസം പറയുന്നത് സ്ത്രീകളെങ്കിലും അറിഞ്ഞിരിക്കും എന്താണ് വിദ്യനിഷേധവും എന്താണ് തെരഞ്ഞെടുപ്പും നമ്മളുടെ വ്യത്യാസവും ഇന്നത്തെ സമൂഹം അങ്ങനെയാകുന്നു ആ സമൂഹത്തെ നമ്മൾ നമുക്ക് അംഗീകരിക്കാന്ന് വെച്ചാൽ ഈ പഴയ തലമുറയ്ക്ക് അംഗീകരിക്കാൻ നമ്മൾ പറയുന്നത് പുതിയ തലമുറയെല്ലാം തലതിരിഞ്ഞു പോകും എല്ലാം വഴിപഴച്ച നമ്മൾ ശരിയാണ് നമ്മളെ കുറിച്ച് നമ്മുടെ പുറുകന്മാരും പറഞ്ഞത് നമ്മളും എന്തായിരുന്നു വഴിപഴച്ചവരായിരുന്നു ആരുടെ ദൃഷ്ടം നമുക്ക് തുമ്പുള്ളവരെ ദൃഷ്ടി ഇപ്പം നമ്മൾ എന്താ പറയുന്നത് പുതിയ തനു പറയുന്ന വഴിതെറ്റിയതെന്ന് പറയുന്നത് നമ്മൾ ശരിയാവും നമ്മൾ മാത്രം ശരി വേറെ ആരും ശരിയല്ല ഇതിങ്ങനെ ദുഃഖം പോകുന്നൊണ്ടാവും തിരിച്ചറിയാമല്ല തിരിച്ചറിവില്ലാത്ത അപ്പൊ ഈ നിന്ദ എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ വരുന്നത് ആ തിരിച്ചറിവില്ലാത്ത എല്ലാവരും Oh. <laughs>